അദ്ദേഹം തന്റെ മാതാപിതാക്കളെ സിംഹാസനത്തിൽ ഉയർത്തിയിരുത്തി അവർ അദ്ദേഹത്തിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു അദ്ദേഹം പറഞ്ഞു എന്റെ പിതാവേ മുൻപ് ഞാൻ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇതാ എൻറെ രക്ഷിതാവ് അതിനെ സത്യമാക്കിയിരിക്കുന്നു എന്നെ തടവറയിൽ നിന്ന് മോചിപ്പിച്ചപ്പോഴും പിശാജ് എനിക്കും എന്റെ സഹോദരങ്ങൾക്കുമിടയിൽ വിഘടിപ്പിച്ചതിനു ശേഷം നിങ്ങളെല്ലാം മരുഭൂമിയിൽ നിന്ന് ഇവിടെ എത്തിച്ചപ്പോഴും അവനെന്നോട് വലിയ ഉപകാരം ചെയ്തിരിക്കുന്നു തീർച്ചയായും എന്റെ രക്ഷിതാവ് അവനുദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അതിസൂക്ഷ്മമായി പ്രവർത്തിക്കുന്നവനാണ് തീർച്ചയായും അവനെല്ലാം അറിയുന്നവനും യുക്തിമാരുമാണ്